ൂർണോ വിഭാതി സ്വയം ശോണപ്രഭം സോമകലാവുംസം പാണിസ്ഫുരത് പഞ്ചസരേക്ഷുചാ പ്രാണപ്രിയൗമി പിന്നകപാണേ കോണത്രയസ് കൂലദൈവ തഹം ശാരദാ ശാരദാഭോജവദുജേ സധി സധി കിയാകുഹലമധ്യേ കെയലം ബ്രഹ്മമാത്രംമഹമിതി സാക്ഷാത്മരുപേണ ഭാതി ഹൃദിവിഷമനസാ സ്വന്വതമ പവന ചലന റോത്മനിഷ്ടോരി ഓ ജന്മാന്വയാതിരലതശ്ശേവ്ഞസ്വരാ തേനേ ബ്രഹ്മഹൃദാതികവയേ മുഹ്യംസൂരയ തേജോ വരിമൃം യഥാവി ത്രത്രസർഗോ മൃഷാധാ സ്വേന സാ നിരസ്തുഹകം സത്യം പരം ധീമഹ ധർമ്മോജ്ജിതകൈതവോത്ര പരമോ നിർമ്മേ വാസ്തവമത്ര വസ്തുശിവതും താപത്രയോലന ശ്രീമദ്ഭാഗവത്തെ മഹാമും പരൈ ഈശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യത്തെതിുശ്രൂഷിസ്ഥക്ഷണത് നിഗമകൽപ്പതോർഗ്തം ഫലം ശുക്കുഖാമൃത്രവസംയുത്ത പിദ ഭഗവതം രസമാലയ മുഹുരഹോര ഭുവി ഭാവുക്കാ പ്രവ്രജമപേതകൃത്യ ദ്വൈപോ വിരഹ കാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദു തംഭൂതഹൃദയം यस्वानुभावम യനുഭാവമിശ്രുതിസാര അധ്യാത്മദീപീർഷന്ധം സംസാരിണ കരുണയാണ ഗുഹ്യം തം വ്യാസോനു മുപ്പുരുനന്ദയ വിശ്വോത്പത്തേതേ താപത്രയവിനംകൃഷ്ണ വയം നമ കൃഷ്ണ വാസുദേവാ പരമാത്മനി പ്രണതക്ലേശനശാ ഗോവിന്യ നമോ നമ നമു പങ്കജനഭ പങ്കജമാലി നമു പങ്കജനേത്രയസ്തേ പങ്കാഘ്യക്തജസുരപ്പ്സിതരാജ്യലക്ഷ്മി ധർമിഷ്ടര്യവസായ ജഗാദരണ്യാമൃഗം ദൈതയെപ്പ്സിതമന്വധാവത് വന്ദേ വേ മഹാപുരുഷത്തെ ചരണാരവിന്ദേയം സദാ പരിഭവഗ്രമഭീഷ്ടോഹം തീർസ്പദം ശിവ വിരിചിന്തും ശരണ്യ വൃത്യാർത്തിഹം പ്രണതപാഭഭവാബ്ധിപോതം വേ മഹാപുരുഷത്തെ ശരണാരവിന്ദിശം ഭജതികുരുഷാഖ്യവർഷേ സംസേവി ഹനുമത ദൃഢഭക്തിഭാജ സീതരാമ പരമാദ്തൂപ രാമാത്മകരിലസൻ പരിപാടി വിഷു ഹരേ നമോവിന സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ജാനകീക്കാത്തയ ജയ രാമ രാമ ഹരഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ ഇന്നത്തെ യജ്ഞം സ്പോൺസർ ചെയ്യുന്നത് മൂന്നാം ശിവശക്തിയിൽ ശ്രീ വി പരമേശ്വരനാണ് അദ്ദേഹത്തിനോടും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടും ഞങ്ങൾക്ക് രേഖപ്പെടുത്തുന്നു യോന്ത് പ്രവിശ്യമമവാചമിമാം പ്രസുപ്തം സഞ്ജീവയത്യഖി ശക്തിധരസ്വതാ അന്യാംശഹസ്തരണശ്രവണത്വാദീൻ പ്രാണന്നമോ ഭഗവത്തെഭ്യം ശ്രീമദ് ഭാഗവതം ഒമ്പത് സ്കന്ധങ്ങളോളം നമ്മൾ കണ്ടു ഭാഗവതം എന്നുവെച്ചാൽ തന്നെ ഭാഗവതം എന്ന് പറയുമ്പോൾ തന്നെ ഉള്ളിലെ ഒരു ചലനം ഉണ്ടാവും ഭക്തി ഭാഗവതം ഭക്തിയുടെ ശാസ്ത്രമാണ് ഭാഗവതം തന്നെ ഭക്തിയാണ് ഭക്തികൊണ്ടേ ഭഗവാന്റെ അനുഭൂതി ഉണ്ടാവുകയുള്ളു ഭക്തി മാം അഭിജാനാതിരം ഭഗവാൻ ഭഗവത്ഗീതയില് തന്നെ അറിയാനുള്ള മാർഗം ഭഗവാനെ അറിയാനുള്ള മാർഗം ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗത്തിന് ഭഗവാൻ പറയുന്നു പതിനെട്ടാമത്തെ അധ്യായത്തിൽ ഭക്തികൊണ്ട് എന്നെ അറിയാൻ കഴിയും ഞാൻ എത്രയുണ്ട് ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണെന്നൊക്കെ താത്വികമായിട്ട് വാസ്തവത്തിൽ അറിയാൻ സാധിക്കും താത്വികമായിട്ട് അറിഞ്ഞാലോ വിശദേ തദനന്തരം എന്നുവെച്ചാൽ പൂർണമായ അനുഭൂതിയിലേക്ക് പ്രവേശിക്കും അനുഭവം പൂർണമാവും എന്നർത്ഥം താത്വികമായിട്ട് ഭഗവാനെ അറിയ എന്ന് വെച്ചാൽ എന്താ ഭക്യാ ശക് അഹമേവം വിധോജ്ജുന ജ്ഞാത്തും ദ്രഷ്ടം തത്വേന പ്രവേം ത എന്ന് ഭഗവാൻ തന്നെ പറയും അറിയാനും തത്വമായിട്ട് അനുഭവിക്കാനും താത്വികമായി ഭഗവാനിൽ പ്രവേശിക്കാനുമായിട്ട് ഭക്തികൊണ്ട് സാധിക്കും അപ്പോ താത്വികമായിട്ട് ഭഗവാനെ അറിയുക എന്നുള്ളത് എന്താണ് എന്നുവെച്ചാൽ പതിനഞ്ചാമത്തെ അധ്യായം ഭഗവത്ഗീതയിൽ പുരുഷോത്തമ യോഗം ദശമസ്കന്ധത്തിന് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പ്രിഫൈസാണിത് പൂർവപീഠിക പുരുഷോത്തമ യോഗം എന്നാണ് പതിനഞ്ചാം അധ്യായം അവിടെ ഭഗവാൻ ഇതിനെക്കുറിച്ച് പറയുന്നു പുരുഷൻ എന്നുള്ള വാക്ക് തന്നെ ഭഗവാന് മാത്രം ചേരുന്നതാണ് പുരുഷൻ എന്നുള്ളത് നമ്മളിപ്പോ മനുഷ്യനിൽ പറയാൻ കാരണം നമ്മളുടെ യഥാർത്ഥ സ്വരൂപം ഭഗവത് സ്വരൂപമായതുകൊണ്ടാണ് പുരുഷനെ അറിയുക എന്നുവെച്ചാൽ ഭഗവാനെ അറിയുക പുരുഷസ്ഥാർത്ഥ ഭക്താല പരമപുരുഷനെ ഭക്തി കൊണ്ട് അനന്യഭക്തി അറിയാൻ സാധിക്കും കർമ്മപുരുഷനായ ഭഗവാൻ ഭഗവാൻ തന്നെ ഗീതയിലെ ഭക്തി എന്താണ് എന്ന് പറയുമ്പോൾ ഭക്തി കൊണ്ട് പുരുഷോത്തമനെ അറിയാൻ സാധിക്കും ഈ പുരുഷൻ ആരാണ് നമ്മളുടെ സ്വരൂപം നമുക്കിപ്പോൾ അറിയപ്പെടുന്ന നമ്മളുടെ ജീവൻ എന്നാൽ ഞാനുണ്ട് എന്നുള്ള ഈ ജീവൻ അതിനെ തന്നെ ഭഗവാൻ രണ്ടായിട്ട് പറഞ്ഞു ജീവനായിട്ടും അന്തര്യാമിയായിട്ടും ജീവനായിട്ട് മനസ്സുകൊണ്ട് മൂടപ്പെട്ട് കിടക്കുന്ന ജീവൻ നമ്മളൊക്കെ ശരീരത്തിനോട് അഭിമാനിച്ചിരിക്കുന്ന ഈ ജീവനെ ക്ഷരപുരുഷൻ എന്ന് പറഞ്ഞു ക്ഷരം ക്ഷരം എന്ന് വെച്ചാൽ അക്ഷരം നശിച്ചു പോകുന്നത് മാറിക്കൊണ്ടേയിരിക്കുന്നത് പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നത് ക്ഷരം അക്ഷരം പുരുഷോത്തമൻ എന്ന ഭാഗവതത്തിൽ ദശമസ്കന്ധത്തില് ഭഗവത് ലീലകളാണ് നമ്മൾ പറയാൻ പോണത് ഭഗവാന്റെ കഥകളൊക്കെ ഇതിന്റെയൊക്കെ തന്നെ അധിഷ്ഠാനം എട്ട് സ്കന്ധങ്ങളിൽ ഉപനിഷത്തിനെ വർഷിച്ചിട്ടാണ് ഒമ്പതാമത്തെ സ്കന്ധത്തില് ഭക്തന്മാരുടെ കഥകളൊക്കെ പറഞ്ഞു പത്താമത്തെ സ്കന്ധത്തിൽ ഭഗവാന്റെ കഥ പറയാൻ പോവാ അപ്പൊ അതിനൊരു പൂർവ്വപീഠിക ആയിട്ടാണ് പറഞ്ഞു വരുന്നത് ക്ഷരം എന്ന് വെച്ചാൽ ഈ ജീവൻ അഹങ്കാരം അത് നശ്വരമാണ് നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുന്നു ഈ ക്ഷരം ക്ഷരത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മളുടെ ജീവിതം മുഴുവൻ കാമം ക്രോധം ലോകം മോഹം സ്നേഹം ആസക്തി ലോകത്തുള്ള ബന്ധങ്ങൾ ഇതൊക്കെ തന്നെ ഈ ക്ഷരപുരുഷൻ അതായത് ഈ ജീവൻ അഹങ്കാരം ഈഗോ ഇൻഡിവിജ്വാലിറ്റി ഇതിനെ വെച്ചുകൊണ്ടാണ് ഇതിനെ തന്നെ അല്പമൊന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ ഉള്ളിൽ തെളിഞ്ഞു കാണപ്പെടുന്നതാണ് അക്ഷരം അതുകൊണ്ട് ഈശ്വരനും വരെയല്ല പക്ഷേ അത് ഉള്ളിൽ എന്ന തെളിഞ്ഞു കാണുന്നു ഉള്ളില് ധ്യാനത്തിൽ മാത്രം തെളിഞ്ഞു പ്രകാശിക്കുന്നത് അക്ഷരം ക്രമേണ സർവത്ര നിറഞ്ഞും എന്ന് വച്ചാൽ ധ്യാൻ എന്നുള്ളതോ ധ്യാനിക്കുന്നവൻ ധ്യാനം എന്നുള്ളതൊക്കെ കടന്നുപോയി സർവവ്യാപിയായി അഹങ്കാരത്തിന്റെ ലേശസ്പർശം പോലും ഇല്ലാത്ത സ്ഥിതിയിൽ അനുഭവിക്കപ്പെടുന്നതിനെ പുരുഷോത്തമൻ എന്ന് ഭഗവാൻ പറഞ്ഞു ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേതി ഉദാഹൃത പരമാത്മ അനുഭവം എന്നുവെച്ചാൽ അവിടെ ജീവൻ ഇല്ലാതാവുന്നു തമിഴിൽ ഇതിന് തന്നിഴപ്പ് എന്നാണ് പറയാം തന്നെ ഇല്ലാതാക്ക താനില്ലാതാവുക ഭഗവാൻ മാത്രം അവശേഷിക്കുന്നു ഈശാവാസ്യതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് ഈശ്വരൻ മറ്റൊരു വസ്തുല്ല താനും ഇല്ല മാത്രമേ ഉള്ളൂ എന്ന അനുഭവം ഇതാണ് പുരുഷോത്തമ അനുഭവം എന്ന് പറയുന്നത് ഭക്തിയുടെ പരമകാഷ്ട്ര ഭഗവാനെ അനുഭവിക്കുക എന്നുള്ളത് ഭക്തിയുടെ പരമകാഷ്ട പക്ഷെ അതിന് ആരംഭത്തിൽ ഭക്തി ആരംഭിക്കുമ്പോ ഞാനുണ്ട് ലോകമുണ്ട് ഭഗവാനുണ്ട് ഈ ലോകം സത്യമായിട്ട് അനുഭവപ്പെടുന്നു അപ്പൊ ഭഗവാനെ ഏതെങ്കിലും എന്റെ ശരീരമാണ് ഞാൻ എന്ന് അഭിമാനിച്ചിരിക്കുന്നിടത്തോളം ഭഗവാനും ശരീരമെടുത്തു വരും ഭഗവാന്റെ അവതാരത്തിന്റെ മുഖ്യ ഉദ്ദേശം ഭഗവാൻ ശരീരമെടുത്തു വരുന്നു സ്വേച്ഛോപാത്ത പൃഥക്മപുഹു എന്നാണ് തന്റെ ഇച്ഛയാ കൃപകൊണ്ട് ഒരു പ്രത്യേക രൂപമെടുത്ത് ഭഗവാൻ നമ്മളുടെ മുമ്പിൽ വരുന്നു എന്ന് വെച്ചാൽ അതിലൊരേ ഒരു ഉദ്ദേശം നിങ്ങൾ ഈ ശരീരമല്ല ആത്മാവാണ് എന്ന് പഠിപ്പിക്കാനാണ് ശരീരമില്ലാത്ത പൊരുൾ ശരീരമെടുത്തു വരാൻ ഉള്ള ഒരേ കാരണം ശരീരബന്ധത്തിൽ നിന്ന് നമ്മളെ വിമുക്തനാക്കാനാണ് നമുക്ക് നമ്മളുടെ സ്വരൂപജ്ഞാനം നമ്മളുടെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് കാണിച്ചു തരാനായിട്ടാണ് ഒരു രൂപമെടുത്തു വരുന്നത് ആത്മവസ്തു ഒരു രൂപമെടുത്തു വരുന്നത് ധർമ്മത്തിലെ ഗ്ലാനി ഏർപ്പെടുമ്പോ ഞാൻ അവതരിക്കും എന്ന് ഭഗവാൻ പറയുന്നത് ധർമ്മത്തിന് ഗ്ലാനി ധർമ്മം എന്താണ് ഈശ്വരപ്രാപ്തിക്കുള്ള മാർഗമാണ് ധർമ്മം ഭഗവത് സാക്ഷാത്കാരത്തിനുള്ള മാർഗമാണ് ധർമ്മം ഭക്തിയാണ് ധർമ്മം ഭാഗവതധർമ്മത്തിനെയാണ് അവിടെ ധർമ്മം എന്ന് പറഞ്ഞത് അതിന് എവിടെയൊക്കെ മങ്ങലേർപ്പെടുന്നുവോ അപ്പോഴാണ് ഭഗവാന്റെ അവതാരം നമുക്ക് വീണ്ടും വഴി തരാനായിട്ട് നമുക്ക് ശരീരത്തിലിരിക്കുമ്പോ ലോകത്തിലിരിക്കുമ്പോ തന്നെ ഭഗവാനെ അനുഭവിക്കണം ശാന്തിയോട് ജീവിക്കണം അതാണ് ഭാഗവത സമ്പ്രദായം ഭാഗവത സമ്പ്രദായം പ്രഹ്ലാദൻ ഏഴാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞു കൊച്ചു കുട്ടിയായിരിക്കുമ്പോ തന്നെ കുട്ടികളെയൊക്കെ ഭാഗവതധർമ്മം പഠിപ്പിക്കണം എന്നാണ് ഭാഗവതം എല്ലാവരെയും പഠിപ്പിക്കാൻ പറ്റില്ല പക്ഷെ ഭാഗവതധർമ്മം പഠിപ്പിക്കാം കൗമാര ആശറി പ്രജ്ഞർ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തതപി അധ്രുഖം അർത്ഥതും ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കുമാരനായിട്ടിരിക്കുമ്പോ തന്നെ ആചരയത്ത് ഭാഗവതാൻ ധർമാൻ ഭാഗവതധർമ്മത്തിനെ ആചരിക്കട്ടെ പഠിപ്പിച്ചു കൊടുക്ക എന്താണ് ഭാഗവതധർമ്മം എന്നുവച്ചാൽ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ വള്ളം വെള്ളത്തിൽ കിടക്കട്ടെ വെള്ളം വെള്ളത്തിൽ കയറാതിരിക്കട്ടെ എന്നുവെച്ചാൽ ലോകത്തിലിരിക്കുക ലോകത് നമ്മളുടെ ഉള്ളിൽ കടക്കാതിരിക്കാം ഇതാണ് ഭാഗവതധർമ്മത്തിന്റെ വളരെ ലളിതമായ വ്യാഖ്യാനം ലോകത്തിൽ ജീവിച്ചുകൊണ്ടും അവരവരുടെ ധർമ്മം എന്താണോ അതനുഷ്ഠിച്ചുകൊണ്ട് അവരവരുടെ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടും നിരന്തര സ്മരണം ഭഗവത് സ്മരണം ഹരിസ്മരണം ഭഗവാനെ ഭഗവാന്റെ സ്വരൂപങ്ങൾ അറിഞ്ഞ് ഭഗവാനോട് ഭക്തി ചെയ്യാം ഇതാണ് ഭാഗവതധർമ്മത്തിന്റെ ലളിതമായ വ്യാഖ്യാനം െന്ത് അവസ്ഥയിലിരിക്കുന്നു എവിടെയിരിക്കുന്നു അവിടെ തന്നെ ഭഗവാൻ ദാസനായിട്ട് ഭഗവാന്റെ വൃത്യനായിട്ട് ഭഗവാന്റെ കൈയിൽ ഒരു യന്ത്രമായിട്ട് ഭഗവാൻ യന്ത്രീ യന്ത്രം എന്നുള്ള ഭാഗത്തോടെ ഭഗവാന്റെ വൃത്തിയഭാവത്തിലോ ദാസഭാവത്തിലോ ലോകത്തിൽ വർത്തിക്കുന്നത് ഭാഗവതധർമ്മം ഇതാണ് ഭാഗവതധർമ്മത്തിലെ ലളിതം നമ്മള് സന്യാസമെടുത്താലും ശരി അഥവാ ഗൃഹസ്ഥനായിരുന്നാലും ശരി ബ്രഹ്മചാരി ആയിരുന്നാലും ശരി മുഖ്യമെന്താണ് ഭക്തി ഭക്തി ഇല്ലയോ ഭഗവത് അനുഭൂതി ഇല്ലയോ ഭഗവത് ആരാധന ഇല്ലയോ പിന്നെ ഏത് മാർഗത്തിൽ പോയിട്ടും പ്രയോജനമല്ല അപ്പൊ ഭാഗവതധർമ്മം എന്ന് നമുക്ക് ഭാഗവത സമ്പ്രദായം അതന്നെ ഒരു മാറി ഭാഗവത സമ്പ്രദായത്തിൽ യാതൊന്നും പ്രശ്നമല്ല ഇവിടെ ജാതിയോ മതമോ വർണ്ണമോ ആശ്രമമോ സ്ത്രീയോ പുരുഷനോ ചെറിയ കുട്ടിയോ വലിയ ആളോ ഒന്നും പ്രശ്നമല്ല അതിനൊക്കെ ഉദാഹരണം ഭാഗവതം തന്നെ തെളിവ് മനുഷ്യനായിരിക്കണം എന്നുപോലുമില്ല ഒരു ആനയ്ക്ക് ഭക്തി ഉണ്ടായി ഗ്രൻ മനുഷ്യരിൽ ഉന്നത തലത്തിലിരിക്കണം എന്നൊരു ആവശ്യമില്ല ഒരു അസുരനായിട്ടുള്ള വൃത്രനുഭക്തി ഉണ്ടായി പ്രഹ്ലാദം ചെറിയ കുട്ടിയായാലും ഉണ്ടാവോ എന്ന് വെച്ചാൽ ഉണ്ടായി മരിക്കേണ്ട സമയത്തെങ്കിലും അനുഭൂതി ഉണ്ടാവുമോ കഠുവാങ്ങനമുണ്ടായി എന്നാൽ ദരിദ്രനായിട്ടുള്ള ആൾക്ക് ഭക്തി ഉണ്ടാവുമോ കുശേലോഭാക്കിയാലും പറയാൻ പോകത്തു പണക്കാരനായിട്ടുള്ള ആൾക്ക് ഭക്തി ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറയാണെങ്കിൽ അംബരീഷൻ ഋഷഭദേവൻ മുതലായിട്ടുള്ള ചക്രവർത്തികൾ അതിന് ഉദാഹരണം അപ്പോ ഭഗവത് അനുഭവം ഉണ്ടാവണം എന്ന് പറയവഴി ഒരു നിർബന്ധമേ ഉള്ളൂ ശരീരം ഏത് യോനിയിലോ എവിടെയോ ജനിക്കട്ടെ ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരിയിൽ പറയുന്നു മനുഷ്യനായിട്ട് ജനിക്കണം എന്നല്ല ഒരു കൊതുകായിട്ട് ജനിച്ചാലും വേണ്ടില്ല ആളാണ് നരത്വം ദേവത്വം നഗവന മൃഗത്വം മശകത പശു ത് കീടത്ത വിഹകവാദിജനം സാധാജരീ വിഹാരാസക്തൃ കിന്പുഷ മശകം കൊതുഗായ ജനിച്ച വേണ്ടബ്ജസ്മരണമാനന്ദ്രീ വിഹാരാസക്തൃ ഹൃദയം ഭഗവാന്റെ പാദാബ്ജസ്മരണ പരമാനന്ദ ലഹരി അനുസന്ധാനം എപ്പോഴും ഉണ്ടെങ്കിൽ അഖണ്ഡ പ്രേമം ഉള്ളിലുണ്ടെങ്കിൽ ശാന്തി ഉള്ളിലുണ്ടെങ്കിൽ ഭഗവത് ധ്യാനം ഉള്ളിലുണ്ടെങ്കിൽ ശരീരം ഏത് യോനിയിൽ പോയി ജനിച്ചാലും കുഴപ്പമില്ല എവിടെ പിറന്നാലും കുഴപ്പമില്ല ഏത് ജാതിയാവട്ടെ വർണ്ണമാവട്ടെ ആശ്രമമാവട്ടെ എല്ലാവർക്കും സുലഭം അപ്പോ ഭക്തി എന്നുള്ള ഒരൊറ്റ നിർബന്ധമേ ഉള്ളൂ ഭാഗവതധർമ്മത്തിന് ഭക്തി എന്താണ് ഭക്തിയെ എങ്ങനെ വ്യാഖ്യാനിക്കും വളരെ സുലഭം ലളിതമായ എന്താ അനന്യമായ പ്രിയമം പ്രിയം പക്ഷെ പരമകാഷ്ടയിലുള്ള ഭക്തിയുടെ ലക്ഷണം എന്താ ഭക്തി എന്നുള്ള പദത്തിന് സംസ്കൃത വ്യുത്പത്തി എടുത്ത് നോക്കിയാലേ വ്യുത്പത്തിയായിട്ടല്ല ഈ ഭക്തി എന്നുള്ള പദം എങ്ങനെ വന്നു എന്ന് നോക്കിയാൽ സംസ്കൃതത്തില് ഏഴ് വിഭക്തികളുണ്ട് വിഭക്തി എന്ന് വെച്ചാൽ കാരകങ്ങളാണ് എല്ലാരും സംസ്കൃതം പഠിച്ച ഓരോക്കെ ആദ്യം പഠിച്ചിട്ടുണ്ടാകും രാമഹ രാമോ രാമാഹോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊന്നറിയും എല്ലാം മറന്നുപോയാലും ഇത് ഏകദേശം ഓർമ്മയുണ്ടാവും കാരകങ്ങൾ ഈ കാരകങ്ങളിൽ ഞാൻ എന്നുള്ള പദം എടുക്കാം ഞാൻ അഹം അഹം ആവാം വയം ഇതിൽ ഞാൻ ഞങ്ങൾ രണ്ടുപേർ ഞങ്ങൾ ധാരാളം വ്യാകരണം പഠിപ്പിക്കല്ലാട്ടോ പക്ഷെ ഇത് വലിയ ഒരു ഒരു അത്ഭുതമായ ഒരു കണ്ടുപിടുത്തമായിട്ട് തോന്നുന്നു എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഭക്തി എന്നുള്ള പദം ഞാൻ എന്നുള്ള വിഭക്തിയെടുത്താൽ ഞാൻ എന്നുള്ളതിന്റെ ഏഴ് ഫോംസ് അതെടുത്താൽ അഹം മാം മയാ ഇങ്ങനെ ഞാൻ എന്നെ എന്നാൽ എനിക്ക് വേണ്ടി എന്നിൽ നിന്നും എന്റെ എന്നിൽ ഈ ഏഴ് രൂപം ഇതാണ് ഈ ഏഴ് രൂപം നമുക്ക് ഭാഷയിൽ പ്രയോഗിക്കണം ഈ ഏഴ് വികാരങ്ങളാണത് നമ്മളുടെ ഉള്ളിലുള്ള ഏഴ് വികാരങ്ങളാണ് ഞാൻ എന്നുള്ളത് പ്രഥമ വികാരം പിന്നെ എന്നെ വളരെ സൂക്ഷിച്ച് കേൾക്ക ഈ ഏഴ് ഈ ഏഴ് എണ്ണം എടുത്തിട്ട് നിങ്ങളൊന്ന് വർത്തമാനം പറഞ്ഞു നോക്കൂ ഈ ഏഴെണ്ണം ഞാൻ എന്നെ എനിക്ക് വേണ്ടി എന്നാൽ എന്നിൽ നിന്നും എന്റെ എനിക്ക് എന്നിൽ എന്റെ ഈ ഏഴ് വികാരങ്ങളും ഈ മൂവ്മെന്റ്സ് അഹങ്കാരത്തിന്റെ ചലനങ്ങൾ ഈ ഏഴ് എണ്ണം ഒന്ന് നോക്കാം ഇല്ലാതെ നാളെ മുതൽ ഈ ഏഴും ഞാൻ ഉപയോഗിക്കില്ല വർത്തമാനം പറയുമ്പോൾ അപ്പൊ കാണാൻ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഈ ഏഴ് ചലനങ്ങളും നിലച്ച സ്ഥിതി വിഭക്തികളൊക്കെ നിലച്ച സ്ഥിതിയാണ് ഭക്തി അതായത് അവിടെ യാൻ എന്നുള്ള സ്ഥാനത്ത് ഭഗവാൻ വന്നു അതാണ് കൃഷ്ണോരക്ഷം ഗുരു കൃഷ്ണം നമസ്തേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹമസ കൃഷ്ണായം നമ ഇങ്ങനെയെല്ലാം കൃഷ്ണൻ കൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറഞ്ഞ എഴുതിയത്രേ ഭട്ടതിരി ആദ്യമായിട്ട് ഈ വിഭക്തി ഏഴ് വിഭക്തികളെയും വെച്ചുകൊണ്ട് കൃഷ്ണൻ എന്ന് പറഞ്ഞെഴുതി കൃഷ്ണൻ ആണ് ഇവിടെ യാൻ എന്നുള്ള സ്ഥാനത്ത് കൃഷ്ണൻ ഇരിക്കുന്നു കൃഷ്ണന്റെയാണ് ഈ ശരീരം എന്റെ അല്ല കൃഷ്ണനാണ് ഈ ശരീരത്തിൽ ഇരുന്ന് വർത്തമാനം പറയുന്നത് കൃഷ്ണനാണ് ഈ ശരീരത്തിലിരുന്ന് ഊട് കഴിക്കുന്നത് കൃഷ്ണൻ ഉറങ്ങുന്നു കൃഷ്ണനാൽ ഈ ശരീരം ചലിക്കുന്നു ഈ ശരീരം ചെയ്യുന്ന സകല പ്രവർത്തികളും കൃഷ്ണന്റെ ആണ് ഇവിടെയുള്ള വിഭക്തികളൊക്കെ കൃഷ്ണന്റെ ആവുമ്പോ ഇവിടെ ഒക്കെ കൃഷ്ണമയമായി തീരുമ്പോ ഭക്തിയായി ഇപ്പൊ ഭക്തി വിഭക്തി എന്നുള്ള പദം രണ്ടും ചേർന്ന് ജ്ഞാനികളും ഇത് തന്നെയാ പറയുന്നത് ആചാര്യസ്വാമികൾ ഒരിടത്ത് പറയുന്നു ബ്രഹ്മത്തിൽ കാരകങ്ങളൊന്നും സ്പർശിക്കാനേ സാധ്യമല്ല എന്നുവെച്ചാൽ ഈ അഹം ആവാം വയം മാം ആവാം നോസ്മാഅ ഇതൊന്നും അവിടെ സ്പർശിക്കാൻ പറ്റില്ല എന്റെ ജ്ഞാനി ഇതൊന്നും അവിടെ കൊണ്ട് ഒട്ടിച്ചേർക്കാൻ പറ്റില്ല അപ്പൊ ഭക്തി എന്നുള്ള പദം തന്നെ കുറിക്കുന്നത് നിശേഷമായ അഹങ്കാരത്തിന്റെ ശമനം വ്യക്തിബോധത്തിന്റെ ശമനം ആ സ്ഥാനത്ത് സർവേശ്വരൻ അനിർവചനീയ പ്രേമസ്വരൂപനായ ഭഗവാൻ പ്രകാശിക്കുന്നു പ്രിയമേ സ്വരൂപമായി ഭഗവാൻ ആ സ്ഥാനത്ത് പ്രകാശിക്കുന്നു അഹങ്കാരമിരിക്കുന്ന സ്ഥാനത്ത് ഭഗവാൻ പ്രകാശിക്കുന്നു ജഗത്തിൽ മുഴുവൻ നിയന്ത്രിക്കുന്ന മഹാശക്തി അഹങ്കാരത്തിന്റെ സ്ഥാനത്ത് പ്രകാശിക്കുന്നു അപ്പോ ഭക്തിയുടെ പരമ എന്താണ് ഈ വ്യക്തിയായി ആണില്ലാതായിട്ട് എത്തിയിരുന്നു അഹം വയം ദേവസ് ഭോജനം ഭഗവാൻ ഈ ജീവനെടുത്ത് വഴുങ്ങിക്കളയുന്നു ഭഗവാൻ മാത്രം അവശേഷിക്കുന്നു ഈശ്വരൻ മാത്രമായിട്ട് അവശേഷിക്കുന്നു അപ്പോ പുരുഷോത്തമ യോഗം എന്ന് പറയുന്നത് അതാണ് പുരുഷോത്തമനായ പ്രഭു സർവത്ര നിറഞ്ഞു നിൽക്കുന്നു എന്ന് ഭഗവാൻ ആൾ ജീവിതം മുഴുവൻ നിയന്ത്രിക്കപ്പെടുന്നു ഭാഗവതന്മാർക്ക് അവരുടേതായ ജീവിതമില്ല ഭഗവാന്റെ ജീവിതമാണ് അവരിലൂടെ ഭഗവാനാണ് ജീവിക്കുന്നത് ഭഗവാനാണ് അവരിലൂടെ എല്ലാം അനുഭവിക്കുന്നത് അവർക്ക് എന്ന് പറഞ്ഞൊരു വ്യക്തിത്വം ഇല്ലാതായിട്ട് തീരുമ്പോ ഭക്തി പൂർണ്ണമായി നദികളൊക്കെ ചെന്ന് സമുദ്രത്തില് ലയിക്കുമ്പോ സമുദ്രമായിട്ട് തീരുന്ന പോലെ ഈ വ്യക്തിബോധം അഖണ്ഡബോധത്തില് ലയിച്ചു ചേരുമ്പോൾ വ്യക്തിത്വം ഇല്ലാതായി തീരുമ്പോ ഭക്തിപൂർണമായി യഥാദ്യമാന സമുദ്രേ അസ്തം ഗി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമൂപാദ്മുക്ത പരാം പുരുഷ ഉപൈതി ദിവ്യം പരമപുരുഷനിൽ എല്ലാം വിട്ട് ലയിച്ചു ചേരുന്നു പരിപൂർണ ആനന്ദ അനുഭവം ആ ആനന്ദ അനുഭൂതിയെ ഭക്തി എന്ന് പറയുന്നു ഈ ഭക്തിയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പരീക്ഷിത്വ മഹാരാജാവ് സർവസമ്പന്നനായ സർവസമ്പദ് സമൃദ്ധമായ രാജ്യത്തിനെയൊക്കെ വിട്ടറിഞ്ഞ് ഗംഗാതീരത്തിൽ വന്നിരുന്നത് സർവസംഘപരിത്യാഗിയായി ശുഖബ്രഹ്മ മഹർഷിയോട് ഇനി എനിക്ക് ലോകത്തിലൊന്നും നേടാനില്ല എല്ലാം മതി അലംവ്രതീഹി വ്രതങ്ങളുമൊക്കെ മതി ഇനി ഒന്നും എനിക്ക് കേൾക്കും വേണ്ട തപസ്സും ഒന്നും വേണ്ട ഭഗവാനെ കുറിച്ച് പറയൂന്നു ഗായധ വിഷ്ണുഗാഥാഹ ഭഗവത് കഥകളെ പറയൂ എന്താ കഥകളിലൊരു രുചി എന്ന് വെച്ചാൽ ഭക്തിയുടെ പരമ കാഷ്ടയിൽ അന്തര്യാമിയായ സത്യത്തിനെ അറിഞ്ഞുകഴിഞ്ഞാൽ പോലും ഭക്തിയിൽ രുചിയുണ്ടാവും എന്താന്ന് വെച്ചാൽ ഈ വ്യക്തിബോധം പോയി കഴിക്കും എന്നിട്ടും ഉള്ള സഹജ സമാധിയുടെ അനുഭവമാണ് ഭക്തി നിരന്തരം ഭഗവത് കഥകൾ കേൾക്കുന്നതിലും ജഗത്തിനെ മുഴുവൻ ഭഗവത് സ്വരൂപമായിട്ട് കാണുന്നതിലും ഒരു രുചി ഒരു ആനന്ദം അതാണ് നിർഗ്രന്ഥാപി ഉരുക്രമേ കുറുവന്തി അഹൈതുകിയും ഭക്തിയും യുദ്ധം ഭൂതഗുണവും ഹരിഹയുന്നു അഹങ്കാരത്തിനെ കെട്ടുപൊട്ടിയിട്ടും കുറുവന്തി അഹൈതുകിയും ഭക്തിയും യാതൊരു പ്രതീക്ഷയും ഇല്ല എന്ത് പ്രതീക്ഷ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഭഗവാനോട് പ്രേമത്തിനു വേണ്ടിയുള്ള പ്രേമം അത്തരത്തിലുള്ള പ്രേമത്തോടുകൂടിയാണ് സുഖബ്രഹ്മ മഹർഷി ഭാഗവതം പറയുന്നത് പരീക്ഷത്തെ സുഖാചാര്യരോട് ഭാഗവതം കേൾക്കുന്നതും അത്തരം പ്രേമത്തോടുകൂടിയാണ് പരിപൂർണ വൈരാഗ്യത്തിന് ശേഷം ഭാഗവത ശ്രവണമാണ് പരീക്ഷത്തിന്റെ അതാണ് പരമഹംസ സംഹിത എന്ന് പറയാം പരീക്ഷത്തിന് പൂർണ്ണ വൈരാഗ്യം സിദ്ധിച്ച് ഇനി ലോകത്തിനൊന്നും നേടാനില്ല ഭഗവാൻ മാത്ര സത്യം എന്ന ഭാവത്തോടുകൂടെ ഗംഗാതീരത്തിലിരുന്നു വിമർശിതൗ ഹേകതയാ പുരസ്ഥാനത്തെ ഈ ലോകത്തിലുള്ള സുഖങ്ങളൊക്കെ തന്നെ വെറും ക്ഷുദ്രമാണെന്ന് അശ്വരമാണെന്ന് പണ്ടേ വിമർശനം ചെയ്ത് തള്ളിക്കളഞ്ഞു കൃഷ്ണാംഗരി കൃഷ്ണസേവ മാത്രം കൃഷ്ണകഥ കേൾക്കുക അങ്ങനെ പറഞ്ഞാണ് സുഖബ്രഹ്മു മഹർഷിയോട് ഭഗവാനെ എനിക്ക് ഭഗവത്കഥ പറഞ്ഞുതരൂ എന്ന് പറയുന്നത് അങ്ങനെ ദ്വിതീയ സ്കന്ധത്തില് സുഖബ്രഹ്മു മഹർഷി വിശ്വത്തിനെ മുഴുവൻ ഭഗവാന്റെ സ്വരൂപമായി വർണ്ണിച്ചുകൊണ്ട് ആരംഭിച്ചു ഭഗവത്ഗീതയുടെ പതിനൊന്നാമത്തെ അധ്യായം വിശ്വരൂപ ദർശനമാണ് അതായത് ഗീതയുടെ ലക്ഷ്യസ്ഥാനം അവിടെ നിന്നാണ് ഭാഗവതം ആരംഭിക്കുന്നത് വിശ്വരൂപം ദർശിച്ചിട്ട് വേണം ഭാഗവതത്തിലേക്ക് വരാൻ അവിടെ ഭാഗവതം രൂചിക്കാൻ പറ്റുകയുള്ള ഒന്നാണ് അല്ലാതെ ഭാഗവതം സിമ്പിളും ഭഗവത്ഗീത കഠിനമാണെന്നൊരു ധാരണയുണ്ട് ചിലർക്ക് ഭഗവത്ഗീത കഴിഞ്ഞിട്ടാണ് ഭാഗവതം ഗീതയിലെ വിശ്വരൂപ ദർശനം തെളിഞ്ഞു കഴിഞ്ഞാൽ ഭാഗവതത്തിലെ ഭക്തി നമുക്ക് തെളിയും അപ്പോ വിശ്വം മുഴുവൻ ഭഗത്സ്വരൂപം ഇതം ഹി വിശ്വം ഭഗവാൻ ഇരോധരോ യഥ ജഗത്സ്ഥാന നിരോധ സംഭവാ വ്യാസനാർദ മഹർഷി പറഞ്ഞു ഇതം ഹി വിശ്വം ഭഗവാൻ ഈ വിശ്വം ഭഗവാനാണ് ഇതരഹായവ ഭാത്തി അല്ലാത്ത പോലെ തോന്നണമല്ലോ അതുമായ ഇപ്പൊ ഭഗവാനല്ല ഞങ്ങൾക്ക് ലോകം കാണുന്നു മരവും കല്ലും മണ്ണും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും സ്ത്രീയും പുരുഷനും ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരുമാണല്ലോ കാണപ്പെടുന്നത് എന്ന് വെച്ചാൽ ഈ ദ്വൈതഭാവം കാണപ്പെടുന്നുണ്ടല്ലോ ഇതിനെയാണ് മായ എന്ന് പറയുന്നത് ഇത് മുഴുവൻ ഒരേ നാലാമത്തെ സ്കന്ധത്തിൽ ധ്രുവചരിത്രം ദക്ഷിഗം പൃഥ്വിചരിത്രം താത്വികമായ ഒരു കഥ പുരഞ്ചരോപാഖ്യാനം പ്രചേദസ്ഥകളുടെ കഥ ഇങ്ങനെ പലതും പഞ്ചമസ്കന്ധത്തിൽ ഋഷഭചരിത്രം ഭരതചരിത്രം പിന്നെ ഭുവനഘോഷ വർണ്ണനം ദ്വീപുകളുടെ വർണ്ണനം നക്ഷത്രങ്ങളുടെ വർണ്ണനം ജ്യോതിഷ്ചക്രങ്ങളുടെ വർണ്ണനം ഇതൊക്കെ ചെയ്തു ഇതൊക്കെ വർണ്ണിച്ചത് എന്തിനാന്ന് വെച്ചാൽ ശുഭ്രഹും അശ്വതനം പറയണം ഇതൊക്കെ വർണ്ണിച്ചിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിഷ്ണുപുരാണത്തിൽ പരാശരൻ ജഗത്തിലെ നക്ഷത്രങ്ങളും ദ്വീപുകളും എല്ലാം വർണ്ണിച്ചിട്ട് അവസാനം പറഞ്ഞു പരാശരം പറഞ്ഞു ജ്യോതിംഷി ഭുവനാനുവിഷ്ണുഹു ജ്യോതി നക്ഷത്രങ്ങളും വിഷ്ണുവാണ് ഭുവനങ്ങളും വിഷ്ണുവാണ് ദ്വീപുകളും വിഷ്ണുമാണ് ഇനിയിപ്പോ എന്തൊക്കെ സ്വർഗ്ഗം നരകം എന്തൊക്കെ വർണ്ണിച്ചു ഇതൊക്കെ തന്നെ ഭഗവാന്റെ ഓരോ സ്വരൂപമാണ് അപ്പൊ ഇതൊക്കെ പഞ്ചമ ആറാമത്തെ സ്കന്ധത്തിൽ അരാമനോ പറക്കാനും വൃത്രചരിത്രം വൃത്രന്റെ ഭക്തി ഭക്തിയെ വർണ്ണിച്ചു ഏഴാമത്തെ സ്കന്ധത്തിൽ മുഖ്യമായി പ്രഹ്ലാദ പ്രഹ്ലാദന്റെ കഥ ഭക്തിയുടെ പരമ കാണിച്ചു പിന്നീട് വർണ്ണാശ്രമധർമ്മം പ്രഹ്ലാദന അവതൂതനം ഉപദേശിക്കുന്നത് ഇതൊക്കെ കണ്ടു എട്ടാമത്തെ സ്കന്ധത്തിൽ മനു ഗാനം ചെയ്യുന്ന ഒരു ഉപനിഷത്തോടുകൂടെ ആരംഭിച്ചു ഗജേന്ദ്രോ വ്യാഖ്യാനം ഗജേന്ദ്രന്റെ കഥ അത് കഴിഞ്ഞ് ജയവാസുര യുദ്ധം അതിന് ഭഗവാൻ മോഹിനിയായിട്ട് അവതരിച്ചതും അമൃതമധനവും വാമനാവതാരവും ഒക്കെ കണ്ടു ഒമ്പതാമത്തെ സ്കന്ധത്തിൽ अनेक ഭക്തന്മാരുടെ കഥ അതിൽ മുഖ്യമായിട്ട് സ്വയംഭൂ മനുവിന്റെ ശ്രദ്ധദേവ് മനുവിന്റെ കഥ ആരംഭിച്ച് അംബരീഷ ചരിത്രം മാന്ധാത മുതലായിട്ടുള്ളവരുടെ ഒക്കെ കഥകള് അതില് രാമാവതാര പര്യന്തം നമ്മൾ കണ്ടു നോമസ്കന്ധത്തിൽ രാമാവതാരം ഇപ്പോൾ രാമായണം അവിടെ അതുകൊണ്ട് അതൊന്നും വിസ്തരിക്കേണ്ട ആവശ്യമല്ല രാമാവതാര പര്യന്തം ഏകദേശം കണ്ടു സൂര്യവംശം അതിനുശേഷം സുഖബ്രഹ്മ മഹർഷി വളരെ ചുരുക്കി ദശമസ്കന്ധകഥ കൃഷ്ണകഥയെ വളരെ ചുരുക്കി ഒരു പത്ത് മിനിറ്റിൽ പറഞ്ഞു എന്തോ സുഖബ്രഹ്മ മഹർഷിക്ക് ഒരു ഉള്ള പോലെ കൃഷ്ണകഥ ചുരുക്കി ഒരു പത്ത് മിനിട്ടിലെ യാദവംശത്തിനെയൊക്കെ വർണ്ണിച്ച ശേഷം കൃഷ്ണകഥയെ വളരെ ചുരുക്കി അല്പമാക്കി വസുദേവന്റെ എട്ടാമത്തെ പുത്രനായി ദേവകി പുത്രനായി ഭഗവാൻ അവതരിച്ചുവെന്നും ഭഗവാൻ അനേക ദിവ്യലീലകൾ ചെയ്തുവെന്നും ഭഗവാന്റെ രൂപം സുന്ദരമായിരുന്നുവെന്നും കംശം മുതലായിട്ടുള്ളവരെയൊക്കെ വധിച്ചുവെന്നും അവസാനം ദ ബുദ്ധവർക്ക് ബ്രഹ്മതത്വം ഉപദേശിച്ച് വൈകുണ്ഠത്തിലേക്ക് പോയി എന്ന് ചുരുക്കി ഞങ്ങളുടെ കഥ പറഞ്ഞു കഥാകഥനത്തിലെ രണ്ട് വഴികളാണ് സമാസ വ്യാസവിധിന ഒന്ന് സമാസമായിട്ടുള്ള കഥം കഥാകഥനം ഒന്ന് വ്യാസം സമാസം എന്ന് വെച്ച് ചുരുക്കി പറയാം എല്ലാത്തിനെയും രാമായണം എന്ന് വെച്ചാൽ രാമായണത്തിന് മുഴുവൻ ചുരുക്കി ഒരു ശ്ലോകത്തിലാക്കാം ഭാഗവതം എന്ന് വെച്ചാൽ എല്ലാം ചുരുക്കി ഒരു ശ്ലോകത്തിലാക്കാം ഭട്ടുഗ്രി ഭഗവത്ഗീതയെ നാരായണീയത്തിൽ ഒരു ശ്ലോകമാക്കിയിട്ടുണ്ട് അതിന് സമാസകഥനം എന്ന് പറയും വിഷ്ണോ സ്വന്തം സൂത അവരെ ഒരു ശ്ലോകത്തിൽ വൈകീരമൊക്കെ ചുരുക്കി ഇത് സമാസകഥനമാണ് അതേപോലെ കൃഷ്ണകരെ ചുരുക്കി നവമസ്കന്ധത്തിന് വളരെയധികം ലഘുവായി ആ കഥമുള്ള പറഞ്ഞു തീർത്തു അപ്പോഴാണ് പരീക്ഷത്ത് പറയുന്നത് ഭഗവാനെ ഇങ്ങനെ സമാസമായിട്ട് പറഞ്ഞാൽ എന്ത് പ്രയോജനം കൃഷ്ണകഥ കേൾക്കാരായിട്ടങ്ങനെ രുചിയോടെ കാത്തുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പൊ അഷ്ടമസ്കന്ധ പര്യന്തം തത്വമൊക്കെ പറഞ്ഞ് മനസ്സ് നല്ല ശാന്തമായിരിക്കും മനസ്സ് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉള്ളിൽ വാസനകളൊക്കെ തീർന്നു കഴിഞ്ഞാൽ ജഗത്തിൽ തന്നെ പതുക്കെ പതുക്കെ കൃഷ്ണലീല കണ്ടു തുറക്കും ജഗത്ത് തന്നെ ഭഗവാന്റെ ലീല വ്യാസഭഗവാൻ പറയുന്നു ഹൃദയം ശുദ്ധമായി ആത്മസാക്ഷാത്കാരം ഉണ്ടായാൽ സൃഷ്ടി സ്ഥിതി സംഹാരമൊക്കെ അസ്തമിക്കുന്ന ഈ ലോകം എന്ന് കാണുന്നത് ഭഗവാന്റെ ഒരു ലീലയായിട്ട് കാണും നിത്യത്തിൽ ഇരുന്നു കൊണ്ട് പ്രപഞ്ചത്തിനെ ലീലയായിട്ട് കാണുന്ന അനിത്യമായ ശരീരമാണെന്ന് താനെന്ന് ധരിച്ചാലോ പ്രപഞ്ചം ഭയങ്കരമാണ് ഇവിടെ ജനനം മരണം സുഖം ദുഃഖം ഒക്കെ ഉണ്ട് നിത്യമായ ആത്മവസ്തുവിൽ ഇരുന്നാലോ ഈ പ്രപഞ്ചം എന്ന് കാണപ്പെടുന്നത് ലീല ഭഗവാന്റെ ക്രീഡാഭവനമായിട്ട് കാണും ലോകവത്തു ലീലാ കൈവല്യം കൈവല്യമൂർത്തിയായ ഭഗവാന്റെ ക്രീഡ ആണ് ലോകത്തിൽ മുഴുവൻ നടക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ സുഖം നടന്നാലും ദുഃഖം നടന്നാലും ഒക്കെ ഭഗവാന്റെ കളിയായിട്ട് തോന്നും അതൊരാനന്ദ് തോന്നും രസമായിട്ട് തോന്നും അപ്പൊ ആ രസാനുഭവത്തിന് പരീക്ഷിച്ച് തയ്യാറായിരിക്കുകയാണ് ദശമസ്കന്ധം രസാനുഭവമാണ് രാസ്യമാണ് കൃഷ്ണകഥ മുഴുവൻ ഭഗവാന്റെ രസത്തിനെ കാണിക്കുന്നതാണ് ഭഗവത് അനുഭൂതിയാണ് ഈ കഥകളൊക്കെ തന്നെ ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപമായും ജഗത്ത് മുഴുവൻ ഭഗവാന്റെ അനുഭൂതിയായിട്ടും ഉള്ള ആനന്ദ സമാധി ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ് ദശമസ്കന്ധം പറയുന്നത് നിരോധസ്കന്ധം എന്നാണ് ദശമസ്കന്ധത്തിന് പേര് എന്ന് വച്ചാൽ ചിത്രവൃത്തിയെ നിരോധമാക്ക നമ്മുടെ മനസ്സിനെ യോഗം കൊണ്ടും പല മാർഗങ്ങൾ കൊണ്ടും പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നത് വിഷമം പിടിച്ച മാർഗം പക്ഷെ രസമായ ഭക്തി ഭഗവത് കഥകൾ കേട്ടും ീർത്തനം ചെയ്തുമൊക്കെയുള്ള മാർഗമാണ് ഭക്തിയുടെ മാർഗം അത് നിരോധം ചിത്തവൃത്തിയെ നിരോധം ചെയ്യാനുള്ള വഴി ഇതിന് സമാസമാർഗം സമാസമായിട്ട് വ്യാസമായിട്ട് വിസ്തരിച്ച് പറയുക കഥകളെ അതാണ് പരീക്ഷിച്ച് സുഖാചാര്യരോട് പറഞ്ഞതിപ്പോ കഥ വിസ്തരിച്ച് പറയുന്നു വിസ്താരമായിട്ട് പറയൂന്ന് വ്യാസമാർഗത്തിൽ പറയുക വ്യാസമാർഗത്തിലും ഒരു സമ്പ്രദായമുണ്ട് നാരതീയ പദ്ധതി അതായത് കയ്യിൽ വാദ്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് കേരളത്തിൽ ഈ സമ്പ്രദായമേ ഇല്ല മഹാരാഷ്ട്രത്തിൽ ധാരാളം ഉണ്ട് തമിഴ്നാട്ടിൽ കൊണ്ട് അതിലാണ് ഹരികഥ എന്ന് പറയണത് ഹരികഥയായിട്ട് ഗാനം ചെയ്യുക പാടുക ഈ കീർത്തനങ്ങളൊക്കെ രസത്തിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ് ത്യാഗരാജസ്വാമികളുടെ കീർത്തനങ്ങളൊക്കെ ഹരികഥയ്ക്കുള്ളതാണ് മഹാരാഷ്ട്രത്തില് ഭക്തന്മാരുടെ അഭംഗങ്ങളൊക്കെ ഈ ഹരികഥയ്ക്കുള്ളതാണ് ഭഗവാന്റെ രൂപം വർണ്ണിക്കലും ഭഗവാന്റെ കഥകളെ വർണ്ണിക്കലുമൊക്കെ ഈ ഹരികഥാ സമ്പ്രദായമാണ് അതിൽ നാരദീയ പദ്ധതി എന്ന് പറയും വ്യാസ സമ്പ്രദായത്തിൽ നാരദീയ പദ്ധതിയാണ് പാടിക്കൊണ്ട് പറയാണ് ഇപ്പൊ ഭാഗവതവും അങ്ങനെ തന്നെ പറയാം ധാരാളം കീർത്തനങ്ങൾക്ക് പറ്റുന്ന രീതിയിലാണ് ശ്ലോകങ്ങളൊക്കെ രചിച്ചിരിക്കുന്നത് വ്യാസഭഗവൻ പാടാവുന്ന രീതിയിൽ രാമായണവും ഹരികഥയായിട്ട് പറയാനുള്ള തന്ത്രിലയ സമന്വിതം വാത്മീകി തന്നെ പറയുന്നത് കയ്യിലൊരു തമ്പുര വെച്ചുകൊണ്ട് ശ്രുതി വീട്ടിക്കൊണ്ട് പാടുകയാണ് പാദബദ്ധോ അക്ഷര സമഹ തന്ത്രിലയ സമന്വിത അക്ഷരങ്ങളൊക്കെ നല്ല സമമായി പാടാവുന്ന രീതിയിൽ അപ്പോ ഇവിടെ പരീക്ഷിച്ച് ശുഭബ്രഹ്മ മഹർഷിയോട് പാടാനൊന്നും പോകാവശ്യപ്പെട്ടില്ല പക്ഷെ കഥകള് ശുഖാചാര്യരും പാടുകയാണേ നിഗമകൽപ്പതരോർഗളിതം ഫലം മുഖാത് അമൃത്രവ സംയുതം പിലയം രസിക്കാമു എം ബ്രവ്രജന്തം അനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹ കാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരതോഭിനേതുഹൂതം സർവഭൂതഹൃദയം മുനിസ്മി കാരുണ്യം കൊണ്ട് താൻ അനുഭവിച്ച ആനന്ദത്തിനെ ഗാനം ചെയ്തുകൊണ്ട് തന്നെ പാടിക്കൊണ്ടു തന്നെയാണ് സുബ്രഹ്മഹർഷി നടക്കുന്നത് അപ്പൊ ഭാഗവതവും ഒരു തരത്തിലൊരു ഗാനമാണ് വ്യാസം വിസ്തരിച്ച് പറയുന്ന ഗാനമാണ് അപ്പോ കൃഷ്ണകഥയെ വിസ്തരിച്ചു പറയൂ എന്നാണ് സുഖബ്രഹ്മിയോട് പരീക്ഷിച്ചു ചോദിക്കുന്നത് ദശമസ്കന്ധമ ആരംഭം അങ്ങനെയാണ് കഥിതോ വംശവിസ്തോമസൂര്യോ രാജ്യാശോഭയവംശ്യം ചരിതം പരമാദ്ഭുതം യോസ് ധർമ്മശീല നിതരാനി സമ തംസേനാവത്തിനസേ വിഷോർ വീരാ നിശംസ അവതീര്യോ വംശേ ഭഗവാൻ ഭൂതഭാവന കശ്വാത്മാനോരവിസ്തരാത് നിവൃത്തകൈരുപീയമാനൌഷധാധ്രോത്രമനോഭിരാമാണോകുണാ രജ്യേത് വി പശുഘ്ത് പിതാമഹേ സമരേമരഞ്ജ്ഞയ ദവ്രതൈത്തിംഗലൈ ക വത്സപദം സ്മയപ്ലവാൗസ്ത്ര ദുരത്യം കൗരവസൈന്യസരം കരൺ വത്സപദസ്മയപ്ലവാ ദ്രൗണസ്ത്ര വിപ്ലുഷ്ടദംഗം സനബീജം കൂരു പാണ്ഡവാ ജുഗോപക്ഷി ഗതാത്തചക് മാതൃശ്രമീയ ശരണി തലദേഹഭാജ പൂരുഷകൂപോ മൃത്യുമുട്ടമുസേ മാഷ്യതസ്വ വിന് ഇത്രയും പരീക്ഷത്തിന്റെ മുഖ്യമായ ചോദ്യങ്ങളാണ് കഥിതോ വംശവിസ്താരോമസൂര്യോ സോമവംശം സൂര്യവംശം സൂര്യവംശത്തിലെ രാജാക്കന്മാരുടെ കഥകൾ ഇക്ഷളാകു മുതൽ ആരംഭിച്ച് സോമവംശം സൂര്യവംശം ഇത് രണ്ടും ബ്രഹ്മവിദ്യാ സമ്പ്രദായത്തിൽ വന്ന വംശങ്ങളാണ് ഇതൊക്കെ ദൌമസ്കന്ധത്തിൽ പറഞ്ഞു വെറുതെ കഥ പറയാനല്ല രാജാക്കന്മാരുടെ കഥ പറയൽ ഉദ്ദേശമല്ല ഇവിടെ രാജാക്കന്മാരുടെ കഥ പറഞ്ഞിട്ട് നമുക്ക് എന്ത് പ്രയോജനം വേണം രാജാക്കന്മാരുടെ കഥ പറയാനൊന്നും ഇവിടെ ഉദ്ദേശമല്ല ഈ സമ്പ്രദായത്തിൽ ഇമം വിവസ്വത യോഗം പ്രോക്തമാനഹമദ്വയം വിവസ്വാൻ മനവേ പ്രാഹാം ആദ്യം സൂര്യനിലേക്ക് ഈ ബ്രഹ്മവിദ്യ പ്രസരിച്ചു സൂര്യനിൽ നിന്നും വൈവസ്വത മനോന് വന്നു മനുവിൽ നിന്നും ഇക്ഷുവിന് വന്നു ഇങ്ങനെ വംശപരമ്പരയായിട്ട് ആത്മവിദ്യ പ്രചരിച്ചതാൽ അപ്പൊ ആത്മവിദ്യയുടെ പ്രചാരത്തിനെയാണ് സൂര്യവംശം എന്ന് പറഞ്ഞത് അതേപോലെ സോമവംശത്തിലും ഏകാധികമൃതമായിട്ടുള്ള രാജാക്കന്മാരുടെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നല്ലോ യദുവംശത്തിൽ അവിടെയും യദുമഹാരാജാവിന് ബ്രഹ്മവിദ്യ കിട്ടിയതും ബ്രഹ്മവിദ്യ ആ സമ്പ്രദായത്തിൽ പ്രചരിച്ചുവന്നതുമാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ രണ്ട് വംശത്തിലും പ്രാമുഖ്യം അതായത് രാജാക്കന്മാരുടെ കഥ കുടുംബകഥ പറയുക എന്നല്ല അപ്പൊ കഥിതോ വംശവിസ്താര സോമസൂര്യോ സോമവംശവും സൂര്യവംശവും വിസ്തരിച്ച് പറഞ്ഞു പരമാദ് രണ്ടു വംശത്തിലും ജനിച്ച് രാജാക്കന്മാരുടെ കഥകളും അദ്ഭുതമായിട്ടുള്ള കഥകളെയും പറഞ്ഞു യദോശർ ഭഗവാന്റെ മുതുമുതമുത്തശ്ശനായിട്ടുള്ള യദു മഹാരാജാവ് അദ്ദേഹത്തിന്റെ ധർമ്മശീലനായ യദു അദ്ദേഹത്തിന്റെ കഥകളും ഒക്കെ വിസ്തരിച്ച് പറഞ്ഞു പക്ഷേ യാദവ വംശത്തില് തത്ര അംശേന അവതീർണ വിഷ്ണോ വീര്യാണി ശംസന അവിടെ അംശമായി അവതരിച്ച വിഷ്ണുവിന്റെ കഥകൾ പറയുന്നു ഇവിടെ വ്യാഖ്യാനം ആളുകൾക്ക് ഷണ്ഠ തത്ര അംശേന അവതീർണസ് രാമാനുജ സമ്പ്രദായക്കാരെ സന്തോഷിച്ചു എന്താ വിഷ്ണു വീര്യാണി വിഷ്ണുവംശത്തില് കൃഷ്ണൻ വൈഷ്ണവ സമ്പ്രദായത്തിലെ രാമാനുജ സമ്പ്രദായത്തിൽ വിഷ്ണുവിന്റെ അംശം കൃഷ്ണൻ എന്നു ശ്രീ വല്ലഭാചാര്യർ പറഞ്ഞു വിഷ്ണുവിനെ അംശമാക്കിക്കൊണ്ടുള്ള കൃഷ്ണൻ എന്ന് അവർക്ക് തമ്മിൽ ബഹളമാണ് അവിടെ തത്ര അംശേന അവതീർണ്ണസ്യ വിഷ്ണു ശംസനാ ശ്രീധരാചാര്യർ പറഞ്ഞു പൂർണ്ണവസ്തുവിന് അംശം എവിടെ പൂർണ്ണം അംശമായിര് കഷ്ണം മുറിഞ്ഞുവന്നു എന്നാണോ അപ്പൊ പൂർണ്ണത്തിൽ ഒരു കഷ്ണം മുറിഞ്ഞു വന്നാൽ പൂർണ്ണം പൂർണ്ണമല്ലാതായിട്ട് തീരും അപ്പൊ അംശം എവിടെ ആചാര്യസ്വാമികൾ ഗീതാഭാഷ്യത്തിലും ജീവൻ അംശമാണ് ഭഗവാൻ അംശം എന്ന് പറയുന്ന സ്ഥലത്ത് ആചാര്യസ്വാമികൾ വ്യാഖ്യാനിക്കുന്നതും അങ്ങനെയാണ് അംശം എന്ന് വെച്ചാൽ സൂര്യനെ മേഘം വരയ്ക്കുന്നു മേഘം വരയ്ക്കുമ്പോൾ മേഘത്തിനിടെ കൂടെ അല്പം സൂര്യപ്രകാശം വെളിയിൽ കാണുമ്പോൾ സൂര്യനൊരു അംശം അറിയണമെന്നാണ് മാനിഫെസ്റ്റേഷൻ പുറമേക്കുള്ള പ്രകാശനം ബഹിപ്രകാശനത്തിലാണ് അംശം ബഹിപ്രകാശനത്തിലാണ് അംശം അല്ലാതെ ഭഗവാൻ അംശമായിട്ട് വന്നു എന്നല്ല പൂർണമാണ് ഓരോ മൺത്തരിയും പൂർണ്ണമാണ് ഗീത വിനോബാബാവെ ഭഗവത്ഗീത പ്രഭാഷണത്തിനടുത്ത് പറയുന്നു ഒരു മൺതരിയുടെ ഉള്ളില് ബ്രഹ്മാന്റെ മുഴുവൻ അടക്കമാണ് അതുകൊണ്ട് ഓരോ മൺ പൂർണ്ണമാണ് അതിനെ നമുക്ക് അംശം എന്ന് പറയാം പക്ഷെ അംശത്തിൽ പൂർണ്ണമുണ്ടോ അപ്പോ തത്ര അംശേന അവതീർണസ് ഇനി വേറെ ഒരു അർത്ഥം പറഞ്ഞു അംശേന സംശ ശംസ സംശ രണ്ടോ ഭഗവത് കഥകളെയും മുഴുവനായിട്ട് അങ്ങോട്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല അതുകൊണ്ട് അംശമായിട്ടെങ്കിലും പറയൂന്ന് തത്ര അംശേന അവതീർണസ് വിഷ്ണുർ വീര്യാണി ശംസന വിഷ്ണുവിന്റെ വീര്യങ്ങൾ എന്ന് ലീലകൾ ഭഗവത് കഥകളെ ലീലകളെ പറഞ്ഞു അവതീര്യദോർവംശേ ഭഗവാൻ ഭൂതഭാവന യദുവംശത്തിൽ ജനിച്ചിട്ട് ഭൂതഭാവനായ ഭഗവാൻ ഭഗവാന്റെ ഒരു ഈ സങ്കൽപ്പമാണ് വിശ്വം മുഴുവനുവേ സങ്കൽപ്പമാത്രേന വിശ്വം സസർജ പരമേശ്വര ഭഗവാൻ ഒന്ന് സങ്കല്പിച്ചു വിശ്വമുണ്ടായി അത്രയേ ഉള്ളൂ അപ്പൊ ഭഗവാന്റെ ഭാവനയാണ് ഈ പ്രപഞ്ചം തന്നെ അങ്ങനെ പ്രപഞ്ചത്തിലെ മുഴുവൻ ഒരു ഭാവന കൊണ്ട് പ്രകാശിപ്പിച്ച ആ പ്രഭു ഇവിടെ അവതരിച്ച് എന്തൊക്കെ ലീലകളാ ആടിയത് മഹാത്മ്യം വിസ്തരിച്ച് വെറും കഥയായിട്ട് പറഞ്ഞാൽ കൃഷ്ണകഥ കൊണ്ട് എന്തു പ്രയോജനം കുറെ ആളുകളെ കൊന്നു ചണ്ടകൂടി നൃത്തം ചെയ്തു ഇത് ഭഗവത് കഥയാണെന്ന് അറിയണം അല്ലേ പൂർണ്ണവസ്തുവാണ് ഇവിടെ വന്ന് നടനം ചെയ്യുന്നത് കളിക്കണതെന്ന് അറിഞ്ഞാൽ ഈ കഥ കേട്ടിട്ട് പ്രയോജനമുള്ളൂ അതിനാണ് ഇത്രയധികം ഇൻട്രൊഡക്ഷൻ അപ്പൊ അവതീര്യ യഥോർ വംശേ ഭഗവാൻ ഭൂതഭാവന കൃതവാൻ യാനി ഭൂതഭാവനഹ വിശ്വാത്മ വിശ്വത്തിലെ മുഴുവൻ സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചു തത് സൃഷ്ട തതേവ അനുപ്രാവശ്യത്ത് ഈ ജഗത്തിനെ സൃഷ്ടിച്ചിട്ട് അതിൽ താൻ തന്നെ പ്രവേശിച്ച് അന്തരാത്മാവായും വർത്തിച്ചു എന്നാണ് വിശ്വം തന്നെ ഭഗവാന്റെ സ്വരൂപം വിശ്വമായിട്ട് കാണപ്പെടുന്നത് ഭഗവാനാണ് അങ്ങനെ അറിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു ഇനി എന്ത് സാക്ഷാത്കരിക്കാനാ എവിടെ പോവാനാ ഈ കാണുന്നതൊക്കെ ഭഗവാനാണ് അത് അറിയുന്നില്ലല്ലോ ഇതപ്പോ പറഞ്ഞില്ലേ സ്വീകരിച്ചോളാം സ്വീകരിച്ച കാര്യം നടന്നുവോ സ്വീകരിച്ചാൽ നടന്നു പോവും സത്യത്തിനെ സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രമേ സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ സാധനം കൊണ്ട് സാക്ഷാത്കരിക്കാൻ പറ്റില്ല സത്യത്തിനെ സാക്ഷാത്കരിക്കണമെങ്കിൽ സത്യത്തിനെ യു ഹാവ് ടു ആക്സെപ്റ്റ് ട്രസ്റ്റ് സ്വീകരിക്ക ഞങ്ങൾക്ക് കഴിഞ്ഞില്ലാന്ന് വെച്ചാൽ അതിലൂടെ പക്വുമായില്ലേ അത്രയുള്ളൂ സാധനങ്ങളൊക്കെ നമ്മളെ പക്വം കെടുത്തും ഗുരു പറഞ്ഞാൽ ഉടനെ സ്വീകരിച്ചാൽ തത്വമസി ആചാര്യർ ഉപദേശിച്ചുടനെ സ്വീകരിക്കാൻ കഴിയുവാണെങ്കിൽ കാര്യം നടന്നു പോകും ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപമാണ് എന്ന് കേൾക്കുമ്പോ തന്നെ ഭാഗവതം പറയുന്നു ശ്രുതി പറയുന്നു എന്ന് സ്വീകരിക്കാമെങ്കിൽ കാര്യം നടന്നു പോകുന്ന പതുക്കെ നമുക്ക് അനുഭൂതി വന്നുപോകും സാക്ഷാത്കാരം വന്നുപോകും ഒരു മകൻ അച്ഛനോട് പറയുന്നു അച്ഛൻ എനിക്ക് ഒരു പെണ്ണിനെ നോക്കി വിവാഹം കഴിച്ച് തന്നാൽ പോയി കാണണം എന്നൊന്നുമില്ല അച്ഛനും അമ്മയും കണ്ടാ മതി നല്ല അനുസരണയുള്ള കുട്ടി അച്ഛനും അമ്മയും ചെന്ന് കണ്ടു വിവാഹത്തിന് നിശ്ചയിച്ചു അതേപോലെ പെൺകുട്ടിയും സമ്മതിച്ചു വിവാഹ പന്തൽ വെച്ചാണ് രണ്ടുപേരും കാണുന്നത് വിവാഹം നടന്നു നടന്നു കഴിഞ്ഞ അടുത്ത ദിവസം മുതൽ അത്യദ്ഭുതമായൊരു ബന്ധം അവർ തലേ ദിവസം വരെ കണ്ടിട്ടില്ല കല്യാണ ദിവസം പറഞ്ഞു ഇതാണ് ഭാര്യ നിങ്ങൾ ഇന്നു മുതൽ ഭാര്യയും ഭർത്താവും ആണെന്ന് പറഞ്ഞപ്പോൾ സ്വീകരിച്ചു സ്വീകരിച്ച അടുത്ത ദിവസം തന്നെ അവർക്ക് പ്രാക്ടീസ് വേണോ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാൻ ഇതെന്റെ ഭാര്യയാണ് ഇതെന്റെ ഭാര്യയാണോ മന്ത്രം ജപിക്കണോ ഇതെന്റെ ഭർത്താവാണ് മന്ത്രം ജപിക്കണോ പറഞ്ഞതോടുകൂടെ സ്വീകരിച്ചില്ലേ വൈ മിയർ അക്സെപ്റ്റൻസ് സത്യത്തിനെ സ്വീകരിച്ചാൽ മതി സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഭക്തി ആനന്ദം വന്നുപോകും വിശ്വാസം എന്ന് പറയുന്നത് അതാണ് ശ്രദ്ധ ജ്ഞാനത്തിന് ശ്രദ്ധയാണ് മുഖ്യം ഇതം വാസുദേവ സർവം എന്ന് ഗീതയിൽ പറയുന്നു സ്വീകരിച്ചാൽ സ്വീകരിച്ചാൽ നമുക്ക് സഹജസമാധിയാണ് സഹജാവസ്ഥയാണ് നമുക്ക് ജീവിക്കുമ്പോൾ നടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും പ്രത്യേകിച്ച് ഒരു ധ്യാനം ഒന്നും വേണ്ട വ്യവഹാരം തന്നെ ധ്യാനമാണ് കാണുന്നതൊക്കെ ധ്യാനമാണ്